അള്ളാഹു സുബഹാനുഹു വറ്റായലായുടെ നാമം ചൊല്ലാത്തവ നിങ്ങൾ ഭക്ഷിക്കരുത് തീർച്ചയായും അത് ധിഖാരമാണ് പിശാചുക്കൾ അവരുടെ കൂട്ടാളികൾക്ക് നിങ്ങളോട് തർക്കിക്കാൻ നിർദ്ദേശിക്കുന്നു നിങ്ങൾ അവരെ അനുസരിച്ചാൽ തീർച്ചയായും നിങ്ങൾ പങ്കുചേരുന്നവരായിത്തീരും